ജനശലാകുരുമീലിത് മേന തസ്മൈ ശ്രീഗുരവേ നമ ഓ നമോ ഭഗവത്തെ വാസുദേവാ ശ്രീമദ് ഭാഗവതം ഷഷ്ടസ്കന്ധം അധ്യായം പതിനാറ് ശ്ലോകങ്ങൾ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് വരെ ചിത്രകേതു മഹാരാജാവിൻ്റെ പ്രാർത്ഥനകൾ ശ്ലോകം മുപ്പത്തിനാല് साधुदत्म विजिदस्ते भजता मगमात्म य आत्मनो दुण ചിത്രകേതു പറഞ്ഞു അല്ലയോ അജയ്യനായ ഭഗവാനെ അങ്ങയെ വിജയിക്കുവാൻ ഒരുവനാലും കഴിയില്ലെങ്കിൽ പോലും തീർച്ചയായും മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കുന്ന ഭക്തന്മാരാൽ അങ്ങ് ജയിച്ചടക്കപ്പെടുന്നു അവർക്ക് യെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങയിൽ നിന്ന് ഭൗതിക നേട്ടം ആഗ്രഹിക്കാത്ത ഭക്തന്മാരിൽ അഹൈതുകമായ കാരുണ്യമുള്ളവനാണ് അവിടുന്ന് തീർച്ചയായും അങ് സ്വയം അങ്ങയെ അവർക്ക് നൽകുന്നു അതുകൊണ്ട് തന്നെ അങ്ങേക്കും അങ്ങയുടെ ഭക്തന്മാരുടെ മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ട് ശ്ലോകം ഭഗവുദയസ്തേം ശശാ എന്റെ ഭഗവാനെ ഈ ഭൗതികാവിഷ്കാരവും അതിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളും അങ്ങയുടെ ഐശ്വര്യങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ബ്രഹ്മദേവനും മറ്റ് സൃഷ്ടാക്കളും അങ്ങയുടെ ഒരു ഭാഗത്തിൻ്റെ ചെറിയ അംശങ്ങൾ മാത്രമാകയാൽ സൃഷ്ടി നടത്താനുള്ള അവരുടെ ഭാഗികമായ ശക്തി അവരെ ഈശ്വരനാക്കുന്നില്ല തങ്ങൾ സ്വയം വേറിട്ട ഈശ്വരന്മാരാണെന്നുള്ള അവരുടെ ബോധം കേവലം ദുരഭിമാനമാണ് അതിന് മൂല്യമില്ല ശ്ലോകം മുപ്പത്തി ആറ് പരമാണുഹോ സ്വമാദ വിതുരന്തേവം തരാളേ അങ് എല്ലാത്തിൻ്റെയും ആദിമദ്ധ്യാന്തങ്ങളിൽ ലൗകീക പ്രപഞ്ചത്തിൻ്റെ പരമാണു മുതൽ ബൃഹത് രൂപം വരെ സമഗ്ര ഭൗതിക ശക്തിയിലും നിലകൊള്ളുന്നു എന്നിരുന്നാലും അങ്ങ് ശാശ്വതനും ആദിമദ്ാന്തഹീനുമാണ് ത്രികാലങ്ങളിലും അസ്തിത്വമുള്ള അങ്ങ് ആയതിനാൽ അനശ്വരനാകുന്നു ഈ ലൗകിക പ്രത്യക്ഷത്തിന് അസ്തിത്വമില്ലാതാകുമ്പോൾ അങ്ങ് മൂലശക്തിയായി നിലകൊള്ളുകയും ചെയ്യുന്നു സഹാണ്ട കോർത്തനം ഓരോ ലോകവും ഏഴു പാളികളാൽ ഭൂമി ജലം അഗ്നി വായു ആകാശം സമഗ്രശക്തി അഹങ്കാരം ഒരു ലോകത്തേക്കാൾ പതിന്മടങ്ങ് അടുത്തത് എന്ന നിലയിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു പ്രപഞ്ചത്തിനു പുറമെ എണ്ണമറ്റ ലോകങ്ങളുണ്ട് അവയെല്ലാം അപരിമിതമാം ബൃഹത്താണെങ്കിലും പരമാണുക്കളെ പോലെ അങ്ങയിൽ സഞ്ചയിക്കുന്നു അതിനാൽ അങ്ങ് അപരിമിതൻ ശ്ലോകം മുപ്പത്തിയെട്ട് വിഷയതൃശോ നരപശവോ യ ഉപാസദേ വിഭൂതീർണ പരം ത്വാം തേശാശിഷ ത്തിന് വേണ്ടി ദാഹിക്കുകയും വിവിധ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്യുന്ന ബുദ്ധിഹീനരായ വ്യക്തികൾ മനുഷ്യരൂപത്തിലുള്ള ജീവിതത്തിൽ മൃഗങ്ങളേക്കാൾ ും ശ്രേഷ്ഠരല്ല അവരുടെ മൃഗീയ പ്രവണതകൾ നിമിത്തം അവർ അങ്ങയെ ആരാധിക്കുന്നതിൽ പരാജയമടയുകയും അങ്ങയുടെ മഹത്വങ്ങൾ സ്ഫുരണങ്ങൾ മാത്രമായ നിസാരരായ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്യുന്നു ദേവന്മാരുൾപ്പെടെ സമസ്ത ലോകവും നശീകരിക്കപ്പെടുമ്പോൾ അവരിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളും ഇല്ലാതാകുന്നു അധികാരമില്ലാതാകുന്ന ഒരു രാജാവിന്റെ മഹാമനസ്കഥയും ഇല്ലാതാകുന്നത് ശ്ലോകം മുപ്പത്തിയൊൻപത് ശ്ലോകം മുപ്പത്തിയൊൻപത് കാമതീയ അല്ലയോ പരമോന്നതനായ ഭഗവാനെ എല്ലാ അറിവുകളുടെയും ഉറവിടങ്ങളും ഭൗതിക ഗുണങ്ങൾക്ക് അതീന്ദ്രിയരും ഭൗതികഐശ്വര്യങ്ങളിലൂടെ ഇന്ദ്രിയസുഖം നേടുന്നതിന് ഭൗതികാഭിലാഷങ്ങളാൽ പീഡിക്കപ്പെടുന്നവരുമായ വ്യക്തികൾ അങ്ങയെ ആരാധിക്കുന്ന പക്ഷം അവർ ഭൗതികമായ പുനർജന്മത്തിന് വിഷയീഭവിക്കുകയില്ല വന്ധ്യമായ അഥവാ വറുത്ത വിത്തുകൾ ചെടികളെ ഉൽപാദിപ്പിക്കുകയില്ലാത്തതുപോലെ ജീവസത്തകൾ ജനിമൃതികളുടെ ആവർത്തനത്തിന് വിഷയീഭവിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവർ ഭൗതിക പ്രകൃതിയാൽ ഭദ്ധരാണ് പക്ഷേ അങ്ങ് അതീന്ദ്രിയനാകയാൽ അങ്ങയോട് അതീന്ദ്രിയതയിൽ സമ്പർക്കത്തിലാകാൻ താൽപ്പര്യപ്പെടുന്ന ഒരുവൻ ഭൗതിക പ്രകൃതിയുടെ ഭദ്ധതകളിൽ നിന്ന് श्लोक यद्यम मुनया मुनयाय उपासते अपवर्गाया അല്ലയോ അജയ്യനായവനെ അങ്ങയുടെ പാദകമലങ്ങളിൽ ശരണം നേടുന്നതിനുള്ള കളങ്കമറ്റ ധാർമിക സമ്പ്രദായമായ ഭാഗവതധർമ്മത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോൾ അതായിരുന്നു അങ്ങയുടെ വിജയം ആത്മസംതൃപ്തി നേടിയ മുനിമാരായ കുമാരന്മാരെ പോലെ ഭൗതിക അഭിലാഷങ്ങളില്ലാത്ത വ്യക്തികൾ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാകാൻ അങ്ങയെ ആരാധിക്കുന്നു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവിടുത്തെ പാതാരിന്ദിൽ ശരണം നേടാൻ അവർ ഭാഗവതധർമ്മ പ്രക്രിയ സ്വീകരിച്ചു ശ്ലോകം നാൽപ്പത്തിയൊന്ന് विषमत्रिराशु भागवतधर्मिगेयुला എല്ലാ ധാർമിക സമ്പ്രദായങ്ങളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞവയും ഫലേച്ച കർമ്മങ്ങളുടെ സങ്കൽപ്പത്തിൽ പ്രവർത്തിക്കുന്നവയും നീയും ഞാനും നിൻ്റേതും എന്റേതും എന്നിങ്ങനെ വിവേചനങ്ങൾ ഉള്ളവയുമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ അനുഗാമികൾക്ക് അത്തരം അവബോധമില്ല അവർ കൃഷ്ണാവബോധമുള്ളവരാണ് അവർ കൃഷ്ണൻ്റേതും കൃഷ്ണൻ അവരുടേതുമാണെന്ന് ചിന്തിക്കുന്നവരാണ് ശത്രുക്കളെ കൊല്ലുന്നതിനെ നിഗൂഢ ശക്തികൾ സ്വായത്തമാക്കുന്നതിനെ ചിന്തിക്കുന്ന അധമ ധാർമ്മിക സമ്പ്രദായങ്ങളുണ്ട് ആസക്തിയും ദ്വേഷവും നിറഞ്ഞ അത്തരം സമ്പ്രദായങ്ങൾ അവിശുദ്ധവും താൽക്കാലികങ്ങളുമാണ് അവ അസൂയാ കലുഷങ്ങളാകയാൽ അധർമ്മങ്ങളാണ് കക്ഷേമോ നിജപരയോ കിയാൻ വാർത്ത സ്വപരമേണ സ്വദ്രോഹ കോ ഒരാളുടെ ആത്മാവിനും അന്യർക്കും ദ്രോഹമുണ്ടാക്കുന്ന ഒരു ധാർമ്മിക സമ്പ്രദായം എങ്ങനെ അയാൾക്കും അന്യർക്കും പ്രയോജനം ചെയ്യും അത്തരമൊരു സമ്പ്രദായത്തെ പിന്തുടരുന്നത് കൊണ്ട് എന്ത് മംഗളമാണുണ്ടാവുക അതുകൊണ്ട് വാസ്തവത്തിൽ എന്താണ് നേടാനാവുക സ്വന്തം ദ്വേഷത്താൽ സ്വന്തം ആത്മാവിനും അന്യർക്കും വേദനയുളവാക്കുന്ന ഒരുവൻ അങ്ങയുടെ കോപമുണർത്തുകയും അധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ശ്ലോകം നാൽപ്പത്തി स्तवेक्षा, भागवतो സ്ഥേക്ഷാ യയാദംബേഷ ഒരുവൻ്റെ തൊഴിൽപരമായ ധർമ്മം ജീവിതത്തിൻ്റെ അത്യുന്നത ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത അങ്ങയുടെ വീക്ഷണത്തിനനുസരിച്ച് ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഉപദേശിച്ചിട്ടുണ്ട് ഉയർത്ത ഉയർച്ച താഴ്ചകൾ പരിഗണിക്കാതെ സർവചരാചരങ്ങളെയും സമദൃഷ്ടിയിൽ ദർശിച്ച് അങ്ങയുടെ മേൽനോട്ടത്തിൻ കീഴിൽ തങ്ങളുടെ തൊഴിൽപരമായ ധർമ്മം പിന്തുടരുന്നവർ ആര്യന്മാരെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയുള്ള ആര്യന്മാർ അങ്ങയെ പരമദിവ്യോത്തമ ഭഗവാനെ ആരാധിക്കുന്നു ശ്ലോകം നാൽപ്പത്തി സംസാരാ വിവർത്തനം എന്റെ भगवाने ഒരുവന് അങ്ങയുടെ ദർശനത്തിലൂടെ തൽക്ഷണം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തനാവുകയെന്നത് അസാധ്യമല്ല അങ്ങയെ നേരിൽ കാണണമെന്നില്ല അങ്ങയുടെ ദിവ്യനാമം ഒരിക്കൽ ശ്രവിക്കുന്നതിലൂടെ മാത്രം ഏറ്റവും അധമ വർഗത്തിൽപ്പെട്ട ചെണ്ടാളർ പോലും ഭൗതികമാലിന്യങ്ങളിൽ നിന്ന് മോചിതരാകും ആ സ്ഥിതിക്ക് അങ്ങയെ നേരിൽ ദർശിക്കുന്നതിലൂടെ ആരാണ് ഭൗതിക കളങ്കങ്ങളിൽ നിന്ന് മുക്തരാകാതിരിക്കുക ശ്ലോകം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ ദർശനം കൊണ്ട് മാത്രം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും നിറഞ്ഞിരുന്ന പാപകർമ്മങ്ങളുടെ സകല മലങ്ങളും അവയുടെ ഫലങ്ങളായ ഭൗതികാസക്തിയും കാമവും കഴുകപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നാരദമഹാമുനിയാൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള എന്താണ് നടക്കാതിരുന്നിട്ടുള്ളത് മറ്റു വാക്കുകളിൽ എനിക്ക് ലഭിച്ച അങ്ങയുടെ ദർശനം നാരദമുനി നൽകിയ ശിക്ഷണത്തിന്റെ ഫലമാണ് ശ്ലോകം നാൽപ്പത്തി ആറ് അപരിമിതനായ പരമ ദിവ്യോത്തമ പുരുഷ ഭഗവാനെ ഒരു ജീവസത്ത ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം ചെയ്താലും അതെല്ലാം അങ്ങേക്കറിയാം കാരണം അങ്ങ് പരമാത്മാവാകുന്നു സൂര്യന്റെ സാന്നിധ്യത്തിൽ മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് വെളിപ്പെടുത്താൻ ഒന്നും തന്നെയില്ല അതുപോലെ അങ്ങേക്ക് भगवते अ्लोक नापतीगोया दुरािना ഹംസായ വിവർത്തനം അങ് ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരകനാണെങ്കിലും എല്ലാത്തിലും എല്ലായിപ്പോഴും ഭിന്നത ദർശിക്കുന്ന അതീവ ഭൗതികവാദികളായ വ്യക്തികൾക്ക് അങ്ങയെ കാണുവാനുള്ള കണ്ണുകളില്ല അവർക്ക് അങ്ങയുടെ യഥാർത്ഥ സ്ഥിതി ഗ്രഹിക്കുവാനുള്ള കഴിവില്ലാത്തതിനാൽ ഈ ഭൗതിക പ്രപഞ്ചം അങ്ങയുടെ ഐശ്വര്യത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമാണെന്ന് അവർ നിർണയിക്കുന്നു എന്റെ ഭഗവാനെ അങ്ങ് പരമപവിത്രതയാണ് അങ്ങ് ഷഷ്ടഐശ്വര്യങ്ങളിലും പരിപൂർണനുമാണ് കയാൽ അങ്ങക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം നാൽപ്പത്തിയെട്ട് എം വൈശ്വസന്ത മനുവിശ്വസൃജസ്വസന്തി നനു ചിത്തയ ഉച്ചകന്തി ഭൂമണ്ഡലം സർഷപായൂർ വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ ഉദ്യമത്തിനു ശേഷമാണ് ബ്രഹ്മദേവനും ഇന്ദ്രനും ഭൗതിക സൃഷ്ടിയുടെ മറ്റ് നിയന്ത്രിതാക്കളും അവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരായത് എന്റെ ഭഗവാനെ ഭൗതിക ശക്തി അങ്ങേക്ക് ഗോചരമായതിനു ശേഷമാണ് ഇന്ദ്രിയങ്ങൾ കാണാൻ തുടങ്ങിയത് പരമദിവ്യോത്തമ ഭഗവാൻ മുഴുവൻ ലോകങ്ങളുടെയും ലോകങ്ങളെയും കടുകുമണികളെന്ന പോലെ തൻ്റെ ശിരസുകളിൽ വഹിക്കുന്നു ആയിരക്കണക്കിന് ഭണങ്ങളുള്ള പരമദിവ്യോത്തമ പുരുഷനായ അങ്ങയ്ക്ക് ഞാൻ സാദര സാദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നു